അള്ളാഹുസുബഹാനഹുവറ്റ ആല അവതരിപ്പിച്ചതിൽ വിശ്വസിക്കുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ ഞങ്ങൾക്കവതരിപ്പിക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ പറയും എന്നാൽ അതിനു പുറമേ ഉള്ളതിനെ അവർ നിഷേധിക്കുന്നു അതവരുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തുന്ന സത്യമാകട്ടെ നിങ്ങൾ വിശ്വാസികളായിരുന്നുവെങ്കിൽ മുമ്പ് അള്ളാഹുസുബഹാനഹുവറ്റ ആലായുടെ പ്രവാചകന്മാരെ നിങ്ങൾ എന്തിനാണ് കൊലപ്പെടുത്തിയത്